ൂപന്തചിത്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കലം മഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേ മഹേശ്വരാം ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യാപ്തേഹിമൂർത്തമം ർ പ്രതിബോധിതായണേന സ്വയം വ്യാസേന ഗ്രഥിത भगवतीं മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബനുസാ ഭഗവത്ഗീതീ നമോസ്തു തേവ്യസവിശാലുദ്ധി ഫുല്ല പത്രേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജ സ്ത്രോത്രേത്രൈകണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാവോ ദുധാഗോപാളനന്ദന പാർ വത്സീർഭോക് ദുഗം ഗീതമൃതം മഹത് വസുദേവസുത കംസാണൂരമർനം ദീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം കരോളം പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൻവതിതവൈ വേദസാംഗപദക്മോപനിഷദൈർ ഗായമഗാ ധ്യനവസ്ഗത മനസാ പശ്യോ യം ന വിദുസുരാഗണസ്മൈ നമ പാർസാരഥി ശുഭം कृपा പാർസയാർത്തിഹരോ ദഹമൂർത്തി പാതുന അടുത്ത ശ്ലോകം ആഹാരസ്വി ത്രിവിധോ യപേദ ഇന്നലെ നമ്മള് പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഭഗവാൻ ശ്രദ്ധാത്രേയ വിഭാഗം എന്ന ഈ അധ്യായത്തില് ശ്രദ്ധ മൂന്ന് വിധ ഉണ്ടെന്നും അതി പറഞ്ഞു ശ്രദ്ധയാണ് മനുഷ്യന്റെ സത്ത നമ്മള് അയാളുടെ സ്വഭാവം എന്ന് പറയുന്നതൊക്കെ തന്നെ ശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതാണ് സ്വഭാവത്തിനനുസരിച്ചാണ് കർമ്മം അതുകൊണ്ടാണ് പ്രസിദ്ധമായ ഏകദേശം കുറച്ചു ഭാഗവതമോ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ അറിയണവർക്കൊക്കെ അറിയണ ശ്ലോകാണ് കായീന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാ വ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി കായം എന്ന് വെച്ച ശരീരം വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ അതാത് വിഷയങ്ങളില് പ്രവർത്തിക്കണത്തെ പ്രകൃതേഹ സ്വഭാവാ അയാളുടെ പ്രകൃതി പ്രകൃതി തന്നെ സ്വഭാവമാണ് എങ്കിലും ഓരോ മനുഷ്യനും ഉള്ള നമ്മൾ പറഞ്ഞല്ലോ സ്വഭാവജം എന്ന് പറഞ്ഞല്ലോ സ്വഭാവത്തിന്റെ ഫോഴ്സ് വേഗം ആ വേഗത്തിനനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കണത് ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കുന്നത് മനസ്സ് പ്രവർത്തിക്കുന്നത് ബുദ്ധി പ്രവർത്തിക്കുന്നത് ഈ സ്വഭാവം തന്നെയാണ് ഓരോ വ്യക്തിയുടെയും അജ്ഞാനം എന്ന് വേദാന്തം പറയണത് അവിദ്യ ആത്മാവിനെ മറയ്ക്കുന്ന ആവരണം എന്തുകൊണ്ട് ആത്മാവിനെ അറിയണില്ല സ്വഭാവം കൊണ്ട് പ്രകൃതി ഈ സ്വഭാവം എങ്ങനെ മാറും നാരായണായി എത്തി സമർപ്പയാമേ ഗീതയില് അവസാന വാക്കാണ് ഭഗവാൻ പതിനെട്ടാമത്തെ അദ്ധ്യായത്തിൽ അവസാനം പറയണത് ഈ സ്വഭാവ വിജയത്തിനെയാണ് അത് നമ്മൾ അടുത്ത വർഷം കണ്ടതാണ് എങ്കിൽ അതിന്റെ ആശയമാണ് ഏകദേശം പറയുന്നത് സ്വഭാവചേന കൗതേയാ നിബദ്ധ സ്വേന കർമ്മ കർത്തും കരിഷ്യസി അവശോപിത ഹേ അർജുന നിന്റെ സ്വഭാവമാണ് യുദ്ധം ചെയ്യാന്ന് പറയണത് നീ ഞാൻ ചെയ്യില്ലൊക്കെ പറഞ്ഞാലും യു വിൽ ബി ഫോർസ്ഡ് ടു ഡു ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ആ സ്വഭാവം അവരെ അറിയാതെ അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും അത് ഞാൻ ചെയ്യില്ല എന്ന് വെറുതെ വായ കൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കരിഷ്യസി അവശോപ്പിത്തത് നീ അവശനാണ് നൻ്റെ സ്വാധീനത്തിലല്ല നിന്റെ സ്വഭാവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഈ ഇത് പറയുമ്പോ നമുക്കൊക്കെ ഒരുപാട് അതിനോട് താതാത്മ്യ ഉണ്ടാവും നമ്മളുടെ കാര്യം ശരിയാണെന്ന് നമ്മളുടെ പ്രകൃതി നമ്മള് പുസ്തകത്തിൽ പഠിച്ച് പല ആശയങ്ങളും പ്രാവർത്തിക ആക്കണം നോക്കും പക്ഷെ നമ്മളുടെ പ്രകൃതി സംബന്ധിക്കില്ല ഒരു പൂച്ചയ്ക്ക് നന്നാവണം തോന്നി അത്രേ അപ്പൊ പൂച്ച ഒരു സ്വാമിയാരുടെ വീട്ടിൽ താമസമാണ് ആശ്രമത്തിൽ അപ്പൊ സ്വാമിയുടെ എടുത്ത് ചെന്ന് ചോദിച്ചു എനിക്ക് നന്നാവണം എന്താ വേണ്ടത് അപ്പൊ സ്വാമി പറഞ്ഞു ഇനി എലിയെ ഭക്ഷിക്കരുത് എലിയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു പൂച്ചയ്ക്ക് ഉപദേശം കൊടുത്തു അപ്പൊ പൂച്ച പറഞ്ഞു ശരി അതിന് ഞാൻ എന്തെങ്കിലും മന്ത്രം തരൂ നാഹം ആഘും ഭക്ഷയാമി മന്ത്രം കൊടുത്തു ആഘു എന്നു വെച്ചാൽ എലി മൂഷികൻ നമുക്ക് എന്തെങ്കിലും പേര് വെച്ചോളൂ അപ്പൊ ഞാൻ ഇനി എലിയെ തിന്നില്ലാ എലിയെ തെന്നില്ല ഒരു മന്ത്രം ജപിച്ചോണ്ടേ ദിവസം രാവിലെ ആയിരം വട്ടം ഉച്ചയ്ക്ക് ആയിരം വട്ടം രാത്രി ആയിരം വട്ടം പൂച്ച ജപിച്ചോണ്ടേ ഇരിക്കുമ്പോ ഇടയിൽ ഈ സ്വാമി പോയി നോക്കുമ്പോൾ എന്തോ വായിൽ ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഉണ്ട് അപ്പൊ പൂച്ചയുടെ അടുത്ത് ചോദിച്ചു എന്താ ഒരു എലി അറിയാതെ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ എടുത്ത് വായിലിട്ടു പോയിരുന്നു ചാടി പിടിച്ച് വായിലിട്ടു പോയിരുന്നു അപ്പൊ പറഞ്ഞു ദാ തന്റെ പ്രകൃതി പ്രകൃതി ഭൂതാനീ നിഗ്രഹക്യം കരിഷ്യത്തി ഓരോരുത്തരുടെ പ്രകൃതി ആ പ്രകൃതിയെ എന്ത് ചെയ്യും അവസാനായിട്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഈ പ്രകൃതിയെ നീ അറിഞ്ഞിട്ട് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശം അർജുന തിഷ്ടത്തി തമേവ ശരണം ഗച്ഛ ആ ഹൃദയത്തിലുള്ള ഭഗവാന് ശരണാഗതി ചെയ്ത് പ്രകൃതി അങ്ങോട്ട് കൊടുക്കൂ അപ്പൊ തനിയെ പ്രകൃതിയൊക്കെ മാറി അന്തര്യാമിയായിട്ടിരിക്കണ ഭഗവാന്റെ സാക്ഷാത്തായ അനുഭവം ഉണ്ടാവും ഇത് ഗീതയുടെ അവസാന വാക്കാണ് അന്തര്യാമിയായി ഈശ്വരന് ഉള്ളിലുള്ള അപ്പൊ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സറണ്ടർ ശരണാഗതി എന്ന് പറയുന്നത് ഇവിടെയാ പുറത്ത് എവിടെയെങ്കിലും ഒരു ഭഗവാന് അന്തരീക്ഷമി ആയിട്ട് യോഗ ക്ഷേമധുരന്ധര സകലശ്രേയദോദ്യോഗിന് ദൃഷ്ടാദൃഷ്ടമോപദേശകൃതിന ബാഹ്യന്തരവ്യയാക്കാതെ കി വേദവ്യം മയാ ശംഭോത്വം പരമാന്തരംഗതി മേ ചിത്തെ സ്മരാമീ അൻവഹം ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമി പറഞ്ഞു അവിടത്തേക്ക് പോയി ഞാൻ എന്ത് നിവേദിപ്പിക്കും യോഗക്ഷേമധുരന്ധരസ് ഈ ജീവന് പരമശ്രേയസ്സിനെ കൊടുക്കണമെന്ന് കച്ച കെട്ടിയിരിക്കുക ഭഗവാൻ സകല ശ്രേയപ്രദോദ്യോഗിനു അവസാനമായി ആത്മജ്ഞാനത്തിനെ മോക്ഷത്തിനെ നൽകാനായി തീരുമാനിച്ചിരിക്കുന്ന ഭഗവാന് എല്ലാം നമുക്ക് വേണ്ടതും ഇപ്പൊ അറിയാത്തതൊക്കെ ഉപദേശിച്ചു തന്നെ അന്തര്യാമിയായി ജ്ഞാനഗുരുവായിട്ടിരിക്കുന്ന ഭഗവാനെ ഞാൻ എന്തുപോയി അറിയിക്കും പരമാന്തരംഗൈതിമേ ചിത്തെ സ്മരാമി അന്വഹം ഈശ്വരൻ അന്തരംഗത്തിൽ അന്തര്യാമിയായിട്ട് ഇരിക്കണു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർത്തോളാം സ്മരിച്ചോളാം ഇപ്പോ കഴിഞ്ഞ അധ്യായത്തിലെ ത്രിഗുണങ്ങളെ പറഞ്ഞു ഈ അദ്ധ്യായത്തിലെ ശ്രദ്ധയെ ത്രിഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ശ്രദ്ധയെ ഭഗവാൻ പറയണം ഈ ത്രിഗുണങ്ങളാണ് ഫിസിക്കലായിട്ട് എടുത്താൽ ആയുർവേദക്കാര് കപം വാദം പിത്തം എന്ന് പറയും കഫമായിട്ടും വാദമായിട്ടും പിത്തമായിട്ടും പറയും സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നുള്ളതിനെ തമോ ഗുണം രജോ ഗുണം സത്വഗുണം കഫം പിത്തം വാദം സ്ഥൂലമായി അത് അല്പം സൂക്ഷ്മമാവുമ്പോ മൂന്ന് ഗുണങ്ങളായി അത് ഏറ്റവും സൂക്ഷ്മമാവുമ്പോൾ ശ്രദ്ധയായി അപ്പോ ഒരാളുടെ ശ്രദ്ധ എവിടെയിരിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കപാണോ വാതാണോ പിത്താണോ നിശ്ചയിക്കാവുന്നതാണ് അയാൾ എന്ത് തിന്നണു എന്തിൽ രുചി കാണിക്കണു എന്തെന്ത് സ്വഭാവത്തോടു കൂടിയ ആളാണ് എന്ന ശ്രദ്ധ അല്ലേ ചിലര് ഏമ്പക്കം വിട്ട ഉള്ളി നാറും ഈ ഉള്ളി കഴിക്കണ ആള് ഒരു ഏമ്പക്കം വീട്ടാ മതി ഐ വെങ്കം നാറണു ഉള്ളി നാറണു എന്ന് പറയും എന്താന്ന് വെച്ചാൽ ഉള്ളിലുള്ളത് ഇതിലൂടെ പുറത്തേക്ക് വരും അതുപോലെ ഉള്ളിലുള്ള സ്റ്റഫിന്റെ ഒരു ഏമ്പക്കമാണ് ശ്രദ്ധ പുറത്തേക്ക് അറിയിക്കും ആ ശ്രദ്ധ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ അറ്റൻഷൻ എവിടെ എവിടെ പോണു എന്നറിഞ്ഞാൽ ഇയാളുടെ ഉള്ളിലുള്ള ചരക്ക് എന്താണ് തീരുമാനിക്കാം അപെക്കണമാർിക്കല അവസുക്ക് എന്തോടെ അപഞ്ചിക്കലാം ശ്രദ്ധ കണ്ട ആളെ മനസ്സിലാക്ക പ്രഹ്ലാദന് ഹിരണ്യകശിപുവിന്റെ കുട്ടിയായിട്ട് ജനിച്ചിട്ടും ശ്രദ്ധ അസുരന്മാരുടെ ഇന്ററസ്റ്റിലൊന്നും പ്രഹ്ലാദന് അതിലൊന്നും രുചിയില്ല പ്രഹ്ലാദൻ സദാ ആത്മധ്യാനപരനായിട്ട് ഇരിക്കുന്ന കണ്ടിട്ടാണ് ഹിരണ്യകശിപു മനസ്സിലാക്കിയവന് എന്തോ കൊഴപ്പണ്ടെന്ന് ഹിരണ്യകശ്യപു മാത്രല്ല ഇന്നും പല അച്ഛനും അമ്മമാരും ഒക്കെ കുട്ടികൾ ഒരുപാട് സ്പിരിച്വലായിട്ട് ഗീതാ ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ നേരൊരു സൈക്കാട്രിസ്റ്റിനെടുത്ത് കൂട്ടിക്കൊള്ളു അവരൊക്കെ വന്നു ഇവിടെ ഗീതാ ക്ലാസ്സിലൊക്കെ ഇരിക്കും പക്ഷെ അവരുടെ മക്കള് എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിന് പകരം ഗീത പഠിച്ചാൽ അപ്പോ തോന്നും ഇവന് മനഃശാസ്ത്രപരമായ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തിനോ അവനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ചികിത്സിപ്പിക്കണം തീരുമാനിക്കും ഹിരണ്യകശിപു നമ്മളുടെ ഉള്ളിലൊക്കെ കുറച്ച് കുറച്ചുണ്ടേ ഹിരണ്യകശിപു ഒരു ഹിസ്റ്ററി പഴയകാലത്ത് ഉണ്ടായിരുന്ന ഹിസ്റ്ററി അല്ല എല്ലാവരുടെ അച്ഛനമ്മമാരുടെ ഉള്ളിലൊക്കെ കുറച്ച് ഉണ്ടാവും ഹിരണ്യകശിപു മതി എന്ന പൂജയൊക്കെ മതി ഭക്തിയൊക്കെ മതി എന്ന് പറഞ്ഞ ഹിരണ്യ കശിപു ആ കുട്ടിയുടെ ഉള്ളിലെ നാരായണന്റെ അടുത്ത് വരുന്ന ഭക്തിയെ കണ്ട് ഷണ്ടാമർക്കന്മാർ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് എങ്ങനെയാടാ തന്റെ മനസ് ഇങ്ങനെ ആയത് എത്ര ചീത്തയായി പോയല്ലോ നീന് ദൈതേയ കണ്ടകവനെ ജാതോയം ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമഹ് ഈ അസുരന്മാരാകുന്ന ചന്ദനക്കാട്ടിലൊരു മുൾച്ചെടി എന്നാണ് പ്രഹ്ലാദനെ പറഞ്ഞത് അസുരന്മാരൊക്കെ ചന്ദനക്കാടും പ്രഹ്ലാദൻ അതിലൊരു മുൾച്ചെടിയാണത്രെ അങ്ങനെ തോന്നും ഇങ്ങനെ ബലവാന്മാരായ അസുരന്മാരുടെ നടുവില് ഇവനൊരു മുൾച്ചെടിയായിട്ട് ജനിച്ചിരിക്കണോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കുറെ ലൗകികരുടെ നടുവില് ഒരു അധ്യാത്മമായിട്ട് ഒരാൾ വന്നാൽ അയാള് കുഴപ്പാവുമല്ലോ സോക്രേറ്റിസിനെ വിഷം കൊടുത്ത് കൊന്നു എന്താന്ന് വെച്ചാൽ ചന്ദനവനത്തിലൊരു മുൾച്ചെടി അവര് ചന്ദനം എന്ന് വെച്ചാൽ എന്താ അവരവർക്ക് ഇഷ്ടമുള്ള സുഗന്ധം അപ്പൊ ചിലരൊക്കെ സുഗന്ധമൊക്കെ അടിക്കുമ്പോ അവർ വിചാരിക്കാത് നല്ല മണാണെന്നാണ് അടുത്ത് വന്നിരുന്ന ഇരിക്കപ്പെല്ല നമുക്ക് രാമകൃഷ്ണ പരമംസ്വർ പറയുന്ന കഥ പോലെ മത്സ്യം വെക്കുന്ന സ്ത്രീ മത്സ്യം വിറ്റിട്ട് നേരായി അപ്പൊ ആ കോട്ടയും കൊണ്ടുപോയിട്ട് ഒരു പൂക്കാരിയുടെ വീട്ടിൽ താമസിച്ചു ആത്രി വീട് മുഴുവൻ പുഷ്പത്തിന്റെ സുഗന്ധം ഇവർക്ക് ഉറക്കം വരുന്നില്ല അവസാന ആ മീൻ കൊട്ട കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ട് ഇത്തിരി വെള്ളം തെളിച്ച നാറ്റം വന്നപ്പോ സുഖമായിട്ട് ഉറങ്ങിയത്ര അവനവന്റെ നാറ്റമാണ് അവരവർക്ക് സുഗന്ധം അപ്പോ ശ്രദ്ധ എവിടെയാണോ യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി ഏത് ഏത് വിഷയത്തിൽ എങ്ങനെ എങ്ങനെ ശ്രദ്ധയോ അതിനനുസരിച്ച് സിദ്ധി യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി അപ്പോ ഈ ശ്രദ്ധയിലെ മുഖ്യമായ അംശം ഭക്ഷണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മളുടെ മതം നമ്മളുടെ സമ്പ്രദായത്തില് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഭക്ഷണമാണ് ക്ഷണത്തിനെ ശുദ്ധമാക്കിയാലേ ബാക്കിയൊക്കെ ശുദ്ധാവുള്ളൂ ആഹാരശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധ്രുവാസ്മൃതി സ്മൃതിർലാഭേഗ്രന്ഥീന വിപ്രമോക്ഷ സ്മൃതിലംഭേഗ്രന്ഥീന വിപ്രമോക്ഷ ആഹാരം ശുദ്ധമായാലേ ബാക്കിയൊക്കെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു ഒരു പ്ലസന്റ്സ് ഫിസിക്കൽ പ്ലസന്റ്സിനെങ്കിലും ശരീരത്തിന്റെ ലെവലില് ഫുഡ് ആഹാരത്തിൽ നിന്ന് തുടങ്ങണം വളരെ പ്രാക്ടിക്കൽ അതുകൊണ്ടാണ് ഗീതക്ക് യോഗശാസ്ത്രം എന്ന് പേര് ആഹാരത്തിൽ നിന്നും ആരംഭിച്ചു അതില് ഭഗവാൻ പറഞ്ഞു എങ്ങനെയുള്ള ആഹാരമാ കഴിക്കേണ്ടത് ഹേ ഭഗവാൻ അതാണ് അടുത്ത ശ്ലോകം നോക്കാം ആയുസ്സത്വലാരോഗ്യ സുഖപ്രീതിവിവർദ്ധനാഹം രസ്യസ്നിഗ്ധാസ്ഥിരാഹൃദയാം സാത്വികപ്രിയാ ഇന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയണതിനേക്കാളും കൂടുതൽ ഭഗവാൻ ഒരു ഇൻഡിക്കേഷനാണ് തരണത് എങ്ങനെയുള്ള ആഹാരത്തിലാണ് നിനക്ക് രുചിയുള്ളത് നോക്കിക്കൊള്ളുന്നത് യോഗികളുടെ ഒരു സമ്പ്രദായം തന്നെ അതാണ് പല മഹാപുരുഷന്മാർക്കും കാണാവുന്ന ഒരു സാമാന്യമായ സ്വഭാവം നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവരോട് എന്ത് ചെയ്യണം നമ്മൾ കാര്യമായിട്ടൊരു സജഷൻ ചോദിച്ചാൽ അവര് തിരിച്ച് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തു തോന്നുന്നു രണ്ട് ജോലി ഞാൻ ഈ ജോലിക്ക് പോകണോ ആ ജോലിക്ക് പോണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അപ്പൊ നമ്മള് ചിലപ്പോ നമ്മളുടെ ഉള്ളിലുള്ളത് പെട്ടെന്ന് പറയുമ്പോ അറിയാം അവിടെ നമ്മളുടെ പ്രാരബ്ധം ഇതൊക്കെ ആഗ്രഹങ്ങളുടെ രൂപത്തിൽ പുറത്തു വരും അതുപോലെ നമ്മളുടെ ഉള്ളിലായ നേച്ചർ ഇന്ന ആഹാരം കഴിക്കാനുള്ള ആഗ്രഹത്തിന്റെ രൂപത്തില് പുറത്തു വരും ഇയാൾക്ക് വ്യാധി വരാനുണ്ടെങ്കിൽ യോഗ അങ്ങനത്തെ ആഹാരത്തിൽ രുചി തോന്നും അതൊരു തലയിലെഴുത്ത ഇതൊരു പ്രാരബ്ധാണ് ഇയാൾക്ക് വ്യാധി വരാനുണ്ടെങ്കിൽ കളക്റ്റീവായിട്ടുള്ള കർമ്മമാണ് തോന്നുന്നു സമൂഹത്തിൽ തന്നെ ആഹാരത്തിൻ്റെ സ്വഭാവം മാറാൻ കാരണം ഒരാളുടെ കർമ്മം ഒരാളുടെ കർമ്മമല്ലോ കുറേ ആളുകളുടെ കർമ്മം ചെയ്യാമെന്ന് കഴിയുമ്പോൾ വെള്ളം മാറി അന്നം അരി മാറി പശു മാറി പാല് മാറി ോക്കൂ എന്തോ ഒരു ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ ഒക്കെ മാറി ഫുഡിന്റെ കഴിക്കുന്ന രീതി മാറി കെട്ടിൻ ഫുഡായിട്ട് തീർന്നു എന്തൊക്കെയോ കഴിക്കണു മനുഷ്യർ ഇന്നത് തന്നെ തിന്നണമെന്നൊന്നുമില്ല അതെന്താ കൊറേ ആളുകളുടെ കർമ്മമായിരിക്കും ഇപ്പൊ ഭഗവാനോടെ പറഞ്ഞത് ആയുഹു സത്വ ബല ആരോഗ്യ സുഖ പ്രീതി വിവർദ്ധന ക്ലിയറാണ് ആയുസിനെ വർദ്ധിപ്പിക്കണത് ആയുസ് എങ്ങനെയൊക്കെ വർദ്ധിക്കോ നിശ്ചയിച്ചിട്ടുള്ളതല്ലേ എന്നുവെച്ചാൽ ആയുസ് എന്ന് വെച്ചാൽ പ്രാണൻ എന്നാണ് അർത്ഥം ആയുർവൈഘൃതം പറയും നെയ്യ് കഴിച്ചാല് ആയിസ് വർദ്ധിക്കും എന്ന് പറയാം ആളുകൾ അപ്പോ നെയ് കഴിച്ച ഊർജമാണത് നെയ്യ് കഴിച്ചാൽ മേധയ്ക്ക് നല്ലതാണെന്നുള്ളത് കൊണ്ട് കുറച്ചു കുറച്ച് ഉപസ്തരിക്കും നെയ്യ് എന്ന് വെച്ചാൽ പ്രാണനാണ് പ്രാണശക്തിയാണ് അല്ലാതെ വർഷങ്ങൾ കൂടുതലല്ല ആയുസ്സിനെ പ്രാണനെ വർദ്ധിപ്പിക്കണം അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇവന് പ്രാണൻ ഉണ്ടാവണം ചില ഭക്ഷണത്തില് പ്രാണൻ പോയ ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത് പ്രാണൻ ഉള്ള ഭക്ഷണം പ്രാണൻ എന്നുവെച്ചാൽ ഊർജം പ്രാണെന്നു വച്ചാൽ ഈ കാറ്റ് മാത്രമല്ല എനർജി വൈറ്റാലിറ്റി സൂക്ഷ്മമായ പ്രാണനാണ് അധ്യാത്മവിഷയത്തിൽ കാര്യം ശരീരത്തിന്റെ പുഷ്ടി നിങ്ങൾ ന്യൂട്രീഷ്യൻ വിറ്റാമിൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് അല്ല എന്തിനാ പ്രാണൻ എന്നുവെച്ചാൽ തപസ്തപസാ ശ്രദ്ധ ശ്രദ്ധയാ മേധാ അപ്പ പ്രാണൈർ ബലം ബലേന തപസ് തപസ് ചെയ്യാനുള്ള ഊർജത്തിനെ പ്രാണനെന്ന് പറയണു പ്രാണോ വൈ ഗായത്രി വേദം ചല് ഗായത്രി മന്ത്രം എരിക്ക അത് ഗായത്രി സാവിത്രി മന്ത്രം സവിത്രി ദേവതാക്കായത്രിസ് അപനിഷന്ത പ്രാണൻ പ്രാണായാപം പണ വേണ്ടാം അഗ്നിയ പരമ്പരയെടുക്കരെ പോലെ ഗായത്രി പരമ്പര പരമ്പരയുള്ള വെച്ചിട്ട് ഒരു പു സന്നിശം പണിയാച്ചാ അപ്പാ എന്നുള്ള തന്നോടനായി അത് പ്രാണൻ വന്ന് സൂക്ഷ്മ ശരീരത്തി എപ്പിടിനം ശരീരത്തി എപ്പിടി വില പാരി പ്രാണൻ വന്ന് സൂക്ഷ്മ മനോമയ കോശത്തിലെയും വിജ്ഞാനമയ കോശത്തും കൊടുക്ക കൂടിയ ഒരു ടോണിക് അത് എനർജൈസിങ് അതുപോലെ ചില ചാപ്പാട് ചില അന്നം പ്രാണനാണ് ആ അന്നം അധ്യാത്മസാധനയ്ക്ക് അനുകൂലമായിട്ടിരിക്കും അതുകൊണ്ട് ആയുർവർദ്ധകമാണ് ഈ ശ്ലോകമൊക്കെ തന്നെ ആയുർവേദത്തിലെടുത്തും പറയാം ഇതിന്റെയൊക്കെ വിസ്താര ആയുർവേദ ശാസ്ത്രങ്ങളിലൊക്കെ കാണുമായിരിക്കാം ഇവിടെ നമുക്ക് അധ്യാത്മവിഷയമായതുകൊണ്ട് ബ്രഹ്മവിദ്യാ വിഷയമായതുകൊണ്ട് ധ്യാനത്തിനും ജപത്തിനും ബ്രഹ്മ തേജോഭിവൃദ്ധിക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ആഹാരത്തിനെ ഭഗവാനിവിടെ പറയാണ് ഇന്ന ഭക്ഷണം കഴിച്ചാൽ വർദ്ധിക്കും ഭക്ഷണം ശുദ്ധമായിട്ട് ആയുർവർദ്ധകമായിട്ട് പ്രാണനെ വർദ്ധിപ്പിക്കണതായിട്ടിരിക്കണമെങ്കിൽ ആ ഭക്ഷണത്തിൽ മുഖ്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കും കഴിക്കുന്ന ആൾക്കുമൊക്കെ ത്യാഗവും ഒക്കെ ഉണ്ടാവണം അപ്പോഴേ ആ പ്രാണൻ ആ ഭക്ഷണത്തിൽ കയറുള്ളൂ ഈ ആയുസ് പ്രാണ ഭക്ഷണത്തിൽ കയറുന്നതിനാണ് നമ്മൾ നിവേദ്യം എന്ന് പറയണത് അമ്പലത്തില് ഭഗവാനെ നേതിച്ചിട്ട് ഒരു തരത്തില് എല്ലാവരുടെ ചിലരുടെ ഉള്ളിലേക്ക് ഭഗവാന് ഈ ഭാഗവത സപ്താഹമൊക്കെ നടക്കുമ്പോ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്താന്ന് വെച്ചാ സ്വാമി സപ്താഹം ഒന്നും ശരിയാവണില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞാളുകൾ വരും കഴിക്കാനേ അത് കഴിഞ്ഞാ പോകും എന്നൊക്കെ ചിലരുടെ കംപ്ലൈന്റ് ഉണ്ട് സപ്താഹത്തിന് ചിലരുടെ ഉള്ളിലേക്ക് ഭഗവാന് ഈ ചെവിയിലൂടെ ഒന്നും കിടക്കാൻ പറ്റില്ല നേത്ര ഈ ശ്രോത്രൈശ്ശീത്തുവാൻ ഭട്ടതിരി പറഞ്ഞു ചിലർക്ക് ആസിയേശ്ശ ആസിയി മാത്രമേ ഉള്ളൂ ചിലരുടെ ഉള്ളിലേക്ക് ഭഗവാന് ഈ ഒരു ഡോറേ ഉള്ളൂ അത് നമ്മൾ കളിയാക്കണ്ട അല്ലവണ്ണം അന്നം നേദിച്ച് നേദിച്ച് ഭഗവാന് ഭക്തിയോടെ പാചകം ചെയ്ത് നേദിച്ചിട്ട് കൊടുത്താല് ആ അന്നം കുറച്ച് ദിവസം കഴിച്ചാൽ അവർ പിന്നെ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കും അതൊരു തരത്തിലുള്ള ഒരു മെഡിസിനാണ് നിവേദ്യം വളരെ പവർഫുള്ളാണ് അതുകൊണ്ട് ഇപ്പൊ ചില മതങ്ങളൊക്കെ ഹിന്ദു മതത്തിന്ന് കൺവേർട്ട് ചെയ്തിട്ട് അവർ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദു അമ്പലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന നേദ്യമൊന്നും നിങ്ങൾ കഴിക്കരുത് എന്നാണ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചാൽ തിരിച്ചു പോയി കളയും അതുകൊണ്ട് കഴിക്കരുത് എന്നാണ് ഇതൊക്കെ ചെലതൊന്നും ലോജിക്കലല്ല ഇതൊന്നും ലോജിക്കല്ല പക്ഷെ അത് സയൻസ് ആണ് ലോജിക്കിന് അതിനെ എത്തിപ്പെടാൻ പറ്റില്ല ഇറ്റ് ഈസ് മോർ സയന്റിഫിക് യുവർ ലോജിക് ഹാസ് ടു എക്സ്റ്റെൻഡ് ബിയോണ്ട് യുവർ ഇറ്റ്സ് ലിമിറ്റ് അപ്പോഴേ അത് പിടികിട്ടുള്ളൂ അപ്പോ ഭക്ഷണത്തിന്റെ ഉള്ളില് പ്രാണശക്തിയെ സന്നിവേശിപ്പിക്കുക രാമകൃഷ്ണ പരമഹംസര് അവിടെ വരുന്ന ഭക്തന്മാരോടൊക്കെ മധുരപലഹാരങ്ങൾ ആ കുട്ടികളൊക്കെ മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കും രാമകൃഷ്ണദേവൻ ഒരു വൈഷ്ണവ സാധുവും അമേരിക്കയിൽ പോയി പ്രചാരണം ചെയ്യാൻ പോയപ്പോ ആദ്യ അമേരിക്കൻസിനെയൊക്കെ എങ്ങനെയാ വിളിച്ചത് വെച്ചാൽ എല്ലാവരും നാമസങ്കീർത്തനത്തിന് വിളിച്ചു അപ്പൊ ആരും വന്നില്ല അപ്പൊ നല്ല ഗുലോബ് ജാമു ണ്ടാക്കും എന്നിട്ട് സൺഡേ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി അതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് എല്ലാവരും നാമസങ്കീർത്തനത്തിന് വരും ഞായറാഴ്ചയാകുമ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരാൾ ചോദിച്ചു സ്വാമി വാട്ട് ഈസ് ദിസ് ഈ ഗുലോബ് ജാമുൻ എന്താണ് ദിസ്ഇസ് വൈഷ്ണവ ബുള്ളറ്റ് ഇഫ് യു ടേക്ക് ഇറ്റ് യു യു വിൽ ബി ഇറസിസ്റ്റബിളി ഡ്രോൺ അടുത്ത ഞായറാഴ്ച വരാതിരിക്കാൻ പറ്റില്ല പിന്നെ കുറെ കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടില്ലെങ്കിലും നാമത്തിന്റെ രുചി ഭഗവൻ നാമത്തിന്റെ രുചി ഭക്തിയുടെ രുചി ഉള്ളിൽ പോകുമ്പോ ഈ ഗുലോബ് ജാമൂൻ ടേസ്റ്റ്ലെസ് ആയിട്ട് തീരും അപ്പൊ ചിലർക്ക് ഭഗവാൻ നാവിലൂടെ അടുത്തേക്ക് വലിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഭക്ഷണത്തിലൂടെ ആയുഹു ആ ഭക്ഷണം പ്രാണനോടുകൂടെ ഉള്ളിൽ ചെന്ന് സത്വം സത്വശുദ്ധോ ധ്രുവ സ്മൃതിഹി ഈ നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ ബുദ്ധിയുണ്ടല്ലോ സെരി മാറ്റർ അതൊക്കെ ഭക്ഷണം കൊണ്ടാണ് പുഷ്ടിപ്പെടുന്നത് ചില ചില ഭക്ഷണങ്ങള് അതിനെ തളർത്തി ചില ചില ഭക്ഷണങ്ങൾക്ക് അതിന് റീറ്റൈനിങ് പവർ കൊടുക്കും നമുക്ക് ആത്മജ്ഞാനത്തിനാണെങ്കിലും ഇതേ ഉള്ളൂ ഇൻസ്ട്രുമെന്റ് ഇതിനെ വെച്ചുകൊണ്ട് വേണം യു ഹാവ് ടു ഗോ ബിയോണ്ട് ആദ്യം മനസ്സിലാക്കുന്നതൊക്കെ ഇത് വെച്ചുകൊണ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ വേദാന്തത്തിനെ കേൾക്കണത് ഇപ്പൊ ചിലർക്ക് പ്രാണൻ ഊർജമുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധ്യാനം ഒരു അധ്യാത്മത്തിൽ രുചി ഉണ്ടാവും പക്ഷെ പലരും പറയണ ഒരു കംപ്ലൈന്റ് സത്സംഗത്തിൽ കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് പോയാ ഒന്നും ഓർമ്മയില്ല എന്നാണ് കേൾക്കുമ്പോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും ഓർമ്മയില്ല എന്താന്ന് വെച്ചാൽ സത്വം ഇല്ല റീറ്റൈനിങ് കപ്പാസിറ്റി ഇല്ല അപ്പൊ ഈ ജ്ഞാനത്തിനെ ഉള്ളിലെ ഗ്രഹിച്ചുവെക്കാനായിട്ട് ഉപകാരമായിട്ട് ഈ അന്നം തീരണം ചില ഭക്ഷണങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഭഗവാന് നേദിച്ച് സാത്വികമായ ഭക്ഷണങ്ങൾ വളരെ വളരെ വളരെ പ്രധാനമാണ് ഒരു വൈഷ്ണവ മഹാത്മാ ആളെ വന്നാൽ അദ്ദേഹം രാജാവായിട്ട് പരമ ഐശ്വര്യവാനായിട്ട് ധനവാനായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു എന്ത് ചെയ്തു വെച്ചാൽ എങ്ങനെയെങ്കിലും തിരിച്ച് ഇയാളെ അധ്യാത്മത്തിലേക്ക് കൊണ്ടുവരണം അദ്ദേഹത്തിന് സത്സംഗത്തിലൊന്നും പുറമേക്ക് രുചിയൊന്നും കാണാനില്ല അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ തൂത്തുവെള്ള എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് വളരെ സത് സാത്വികമാണ് അത് ഭഗവൻ നാമൻ ജപം ചെയ്ത് ജപം ചെയ്ത് തൂത്തുവേള പറിച്ചു കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുപോയി രസം വെക്കാനായിട്ട് കൊണ്ടു കൊടുക്കും ഈ രാജാവിന് നാട്ടുരാജാവാണ് അദ്ദേഹം രസം വെച്ച് തൂത്തുവേള കഴിച്ച് തൂത്തുവിള കഴിച്ച് സത്വശുദ്ധിയായിത്ര അദ്ദേഹത്തിന് കുറെ കഴിഞ്ഞപ്പോ തൂത്തുവിള കിട്ടാതായി ഇപ്പൊ ചോദിച്ചു തൂത്തുവെള എവിടെയാണ് അത് ആരോ ഒരു ബ്രാഹ്മണൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നു ഇപ്പൊ കൊണ്ടുവരണില്ല ആ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി വരുത്തിയപ്പോ എന്തിനാ നിങ്ങൾ തൂത്തുവിള കൊണ്ടുവന്നത് ഇപ്പ എവിടെ എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ വേണം അതിനു വേണ്ടിയാണ് ഞാൻ തൂത്തുവിള കൊണ്ടുവന്നത് എന്തു വേണം നിങ്ങളുടെ പരമ്പരയിൽ ഒരു വലിയ സ്വത്ത് ഒരു സമ്പത്ത് ഉണ്ട് അത് നിങ്ങൾക്ക് തരണം എന്റെ കൂടെ വന്നാൽ തരാം ഞാൻ വരാം പോയി നിങ്ങൾ തനിയെ വരണം തനിയെ വരാം കൂട്ടിക്കൊണ്ടു പോയി ഒരു മലയിടമോളിക്ക് പോയി പോണവഴി ലോകെ സ്ഥിത പ്രജ്ഞയ കഷാ സമാധിസ്ഥിതധീ പ്രഭാഷേതമാസീത വ്രജേതം പ്രജഹതിയമാൻ സർവാൻ പാർമനോകന്മനസ്തുഷ്ടപ്രജ്ഞോ ദുഃഖേക്ഷനുദ്വിഗ്നമനാ സുഖേഷു വികതസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതധീഹീ മുനിരുച്യത്തെ ഇങ്ങനെ സ്ഥിതപ്രജ്ഞലക്ഷണങ്ങൾ ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടേ പോയപ്പോ ഈ നാട്ടുരാജാവ് ആ ബ്രാഹ്മണന്റെ കാലില് വീണ് രണ്ടു കാലും പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേറെ സ്വത്തൊന്നും വേണ്ട ഈ ഗീതാമൃതം എനിക്ക് തരൂ അപ്പൊ പറഞ്ഞു ഇത് തരാനായിട്ടാണ് ഞാൻ വന്നത് ഇത് തന്നെയാണ് സ്വത്ത് നിനക്ക് സത്വശുദ്ധി ഉണ്ടാവാനായിട്ട് ഭഗവാന് നേദിച്ച് ഓഷത്തി കൊണ്ടുവന്ന് ഭക്ഷണത്തിൽ ദിവസം കലർത്തി നോക്കണോ ഭക്ഷണം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എത്ര പ്രധാനമാണ്